അള്ളവാഹുസുബാനഹൂവ ചായാല നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് പങ്കാളികളെ ഉണ്ടാക്കിത്തന്നു നിങ്ങളുടെ പങ്കാളികളിൽ നിന്ന് നിങ്ങൾക്ക് പുത്രന്മാരെയും പേരക്കുട്ടികളെയും നൽകുകയും നല്ല വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തു എന്നിട്ടും അവർ മിഥ്യയിൽ വിശ്വസിക്കുകയും അള്ളാഹുസുബഹാനഹൂവ ചായാലായായുടെ അനുഗ്രഹത്തെ നിഷേധിക്കുകയും ചെയ്യുന്നുവോ